ശ്രീധരി പരമാനന്ദമുതി ശങ്കരം ശങ്കം ബാദരാത്രോ വന്ദേ ഭഗവത സദാശിവസമാരംഭം ശങ്കം നമ്മള് ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കൃതിയെ അവലംബിച്ച് ക്ലാസ് എടുക്കാനാണ് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗുരുദേവന്റെ ഒട്ടേറെ കൃതികളുണ്ട് അവ പല തലങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നവയുമാണ് ഒരുപക്ഷെ പ്രൗഢി കൊണ്ടും സൂക്ഷ്മത കൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ളത് മിനിമം വേർഡ്സ് വിത്ത് മാക്സിമം സജസ്റ്റീവ്നസ് ഭാരതീയ ചിന്തയുടെ ഒരു നല്ല രീതി വാക്കെത്ര കൂടുന്നുവോ അത്ര കണ്ട് പ്രാപഞ്ചിക ബോധത്തിലേക്ക് മനുഷ്യൻ വീഴാറുണ്ട് ത്തിന് വഴിമാറുക എത്ര ആചാരമാകുന്നുവോ അത്രയും സത്യത്തിൽ നിന്ന് നാം അകുന്നു എത്ര വാഗ്മയിലേക്ക് ഒതുങ്ങുന്നുവോ സത്യത്തിലേക്ക് നാം അടുക്കുകയും ചെയ്യും തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കൃതിയാണ് ദേവനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭാരതീയ ആധ്യാത്മിക നഫസ്സിൽ വിശ്വവ്യാപകമായ ഒരു സ്ഥാനം തൻ്റെ അറിവുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും ഒന്നും ഇന്നത്തെ പോലില്ലാതിരുന്ന കാലത്ത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക രംഗത്ത് പരിശോധിച്ചിരുന്ന ആചാര്യവര്യന്മാർ ലോകമെമ്പാടും അറിയപ്പെടുക ഇന്നതത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇന്ന് വേണ്ടത്ര പത്രമാധ്യമങ്ങളും അതുവഴിയാണ് ആചാര്യന്മാരെയും മറ്റുള്ളവരെയുമെല്ലാം ഇന്ന് ജനങ്ങളറിയുന്നത് അതിലപ്പുറം ഇന്ന് ആ രംഗത്ത് വേണ്ടത്ര പരസ്യങ്ങളും ഇതൊപ്പം ഇല്ലാതിരുന്ന കാലങ്ങളിൽ ജീവിച്ച ആചാര്യന്മാരുണ്ട് അനാദികാലം മുതൽ ഭാരതീയ ആധ്യാത്മിക പൈതൃകം പേരുകിട്ടിയുള്ള ആചാര്യന്മാരെ ലോകമെങ്ങും എങ്ങും അറിയപ്പെടും ഒരുപക്ഷെ ഭാരതീയർ അറിയുന്നതിനേക്കാൾ കൂടുതൽ ശങ്കരാചാര്യരെ അറിയുന്നത് പശ്ചാത്തലാണ് ഭാരതീയരായ ബുദ്ധിജീവികളുടെ മുമ്പിൽ ശങ്കരനെ എത്രത്തോളം അദ്ദേഹത്തിന്റെ ദർശനം ഉൾക്കൊള്ളുന്ന തലത്തിൽ അറിയാനും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്നും സംശയമാണ് കാരണം പാശ്ചാത്യരായവരാ ദർശനങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തി ദർശനത്തിലൂടെ ഉരുത്തിരിയുകയാണ് അവർക്ക് വിടുത്തെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ തിരിച്ചറിയാനാവില്ല അതുകൊണ്ട് തന്നെ ശങ്കരന്റെ ജാതീയമായ ബ്രാഹ്മണ്യം പാശ്ചാത്യു മുമ്പിൽ പഠനത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് ഒരുപക്ഷെ ചട്ടമ്പിസ്വാമികളെയും കേരളീയരും ഭാരതീയനും ഒരുപക്ഷെ നായന്മാരും അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നത് പാശ്ചാത്യാണ് അദ്ദേഹത്തിൻ്റെ ദാർശനിക ഗ്രന്ഥങ്ങൾക്ക് അത് ഉൾക്കൊള്ളുന്ന അവകാശത്തോടുകൂടിയുള്ള ജർമ്മൻ തർജ്മകൾ വരെയുണ്ടെന്നാണ് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൽ പ്രമുഖനായ നിലകണ്ഠ ഗ്രന്ഥപാതരുടെ ജർമ്മനിയിലാണ് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്നതെന്ന് കേൾക്കുന്നത് കേട്ട് കഴുകിയാണ് നേരിട്ടറിയില്ല എങ്കിലും കേട്ടുകൊണ്ട് നാരായണഗുരുവിന്റെ ദർശനങ്ങളും ഇന്ത്യ അറിയുന്നതിനേക്കാൾ ദാർശനിക രംഗത്ത് അറിയുന്നത് പശ്ചാത്തലാണ് അത് ചെയ്യാം ഭാരതീയരെക്കാൾ കേരളീയരെക്കാൾ ഇന്നും കഴിഞ്ഞൊരു ദിവസവും കേരളത്തിലെമ്പാടും വീരോസ്ത്രവും അണിഞ്ഞ നാരായണതിരുവിന്റെ ചിത്രവും പേര് നടന്ന ജനതയെക്കാൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ദർശനത്തിനും ചെറിയ ഒരു വസ്ത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവാം ഈ ദിവസങ്ങളിൽ അവ അലങ്കരിച്ചു വെച്ചിട്ടുണ്ടാവാം ഒരു ചലഞ്ഞെന്ന പോലെ ഈ ദിവസം അദ്ദേഹത്തെ കേരളീയർ സ്മരിക്കുന്നുണ്ടാവും പക്ഷെ കേരളീയരുടെ മനസ്സിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ദർശനത്തിന് പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുക ഇനിയും കൃഷ്ണമാണ് എന്നത് പിടിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം കേരളത്തിലെ ഏത് ജനതയ്ക്കും ശങ്കരൻ നമ്പൂതിരിയും ചട്ടമ്പി സ്വാമി നായനും നാരായണവൻ ഈഴവനുമാണ് ഇതുതന്നെ അവരുടെ ദർശനങ്ങളെ കേരളം ഉൾക്കൊണ്ടില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷവും പ്രകടവുമായ തെളിവാണ് അതിനപ്പുറം തെളിവ് വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ മനസ്സുണ്ടാവും എന്ന് കരുതിയല്ല ഞാൻ ഈ ക്ലാസ് എടുക്കാവുന്ന ചേച്ചി എനിക്കിതറിയുന്നത് കൊണ്ടാണ് അതിൻ്റെ ആനന്ദവും അറിയുന്നത് നിങ്ങൾക്ക് സമയമായെങ്കിൽ സ്വാഗതം ക്ലാസ് ലൈവ് പറയാം അറിവ് അറിയപ്പെടും ഇതുവേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിലൊന്നായതുകൊണ്ട് ാതെങ്ങുമില്ല വേറൊന്നും അറിയപ്പെടും ഇതുവേറല്ല അറിവായിടും തിരഞ്ഞിടും നേരം അറിവിതിലൊന്നായതുകൊണ്ട് അറിവല്ലാതെന്നുമില്ല വേറൊന്നും നാല് മഹാവാക്യങ്ങളാണ് വേദങ്ങളിലുള്ളത് പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മാ വൈദിക മഹാവാക്യങ്ങൾ ആരാണ് ഋഗ്വേദ അന്തർഗതമായ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നതാണ് ഏകം സത് എന്ന ഏകമായ അറിവ് എന്ന നിലയിൽ ആ പ്രകർഷണയുള്ള അറിവ് ്രഹ്മമാകുന്നു എന്ന അറിവിനെ ഇതരങ്ങളായ അറിവുകളിൽ നിന്നെല്ലാം ഒരു കത്കരിച്ച് അനുഭൂതി സമ്പന്നനായ ഇഷു തൻ്റെ അനുഭവത്തെ തന്നിലറിയുകയോ शिष्य प्रशिष्यु पकुकय अव अद्वय प्रज्ञान कर्तम अहं वो अब अव അറിവിൽ അറിയുന്നവനൊരു എന്നൊരു ബിന്ദുണ്ടാവും അതിനെ അഹങ്കാരമെന്ന ആചാര്യന്മാർ നീക്കി ഏകമായ അറിവ് അഹങ്കാരമായി തീരുമ്പോൾ രണ്ടായി അഹങ്കാരത്തിൽ അറിവുകളെ സൃഷ്ടിക്കുന്നു അതിനെ ബുദ്ധിയൊന്ന് വിളിക്കും ആചാര്യമാണ് അപ്പോൾ മൂന്നായി ൂതങ്ങളായ അറിവുകൾ ഉണ്ടാവും അവ തന്മാത്രകളെ സൃഷ്ടിച്ചു അറിവിന്റെ തന്മാത്രകൾ ശബ്ദ തന്മാത്രകളും സ്പർശ തന്മാത്രകളും രൂപതന്മാത്രകളും രസതന്മാത്രകളും ആദിമതത്വമായ അറിവ് അഹന്തത്വമായി തീർന്ന് അഹന്തത്വത്തിൽ ബുദ്ധിതത്വം സംജാതമാകുന്നതോടുകൂടി ബുദ്ധി താമസപ്രകൃതിയിലേക്ക് വഴി വീഴുമ്പോൾ ഇല്ല ിലണമായി സൃഷ്ടിക്കുന്ന വലിയൊരു പ്രപഞ്ചമാണ് ഇല്ല എന്ന് ചേർന്ന് നിൽക്കുന്നതിനോട് ചേർന്ന് ബുദ്ധി സൃഷ്ടിച്ച പ്രാപഞ്ചിക വ്യവഹാരങ്ങൾ സത്യമാണെന്ന് തോന്നുന്ന അതിനെ കാര്യകാരണ മണ്ഡലങ്ങളുടെ ഇടയിൽ പഠിക്കുവാനോടി നടന്ന ഒരു ജനതയുടെ ലക്ഷണ പ്രകൃതിയെ ആധുനിക ശാസ്ത്രം വിളിക്കും പൗരാണിക നൃത്യം ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തം എന്റെ ഭാഷ നിങ്ങൾക്ക് അതേപടി മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല ലളിതമാക്കണമെങ്കിൽ പറയണം ഇതിനു മുമ്പ് പലവട്ടം ഇവിടെ വന്നിട്ട് അവരൊക്കെ തന്നെ ആയിരിക്കണം എന്നില്ല ക്ലാസ് കൊണ്ടിരിക്കുന്നത് പുതിയ ആളുകളാവും അവരൊക്കെ ആണെങ്കിൽ മനസ്സിലാവേണ്ടതാണ് അന്ന് ശ്രദ്ധിച്ചാണ് ഇരുന്നതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ലളിതമല്ലെങ്കിൽ പറയണം കാരണം ക്ലാസ് കഴിഞ്ഞിറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് സമയുടെ ക്ലാസ് ഗംഭീരമായിരുന്നു എന്താണ് പറഞ്ഞത് നാരായണഗുരി ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അറിവെന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത്രയൊക്കെ ഇപ്പൊ അത്യാവശ്യം ക്ലാസ്സിൽ വരുന്നതും ഇരിക്കുന്നതും നാരായണഗുരനോടും എന്റെ ക്ലാസിനോടും താല്പര്യമുള്ളതുകൊണ്ട് തന്നെയാവണമെന്നില്ല പാലക്കട്ടെ പ്രശസ്തമായ ഒരു സ്ഥാപനം അതുമായിട്ടുള്ള ബന്ധം ഇവിടെ അച്ഛംസിച്ച് കൊടുക്കുന്നതിലൂടെയാണ് അതില്ലെങ്കിൽ അതിൻ്റെ ആളുകൾ നാളെ നമ്മളോടുള്ള ബന്ധം കുറച്ചെങ്കിലോ എന്നോർത്തെങ്കിലും കുറെ പേരെങ്കിലും എത്തിയിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് അനുവചകമാർ കഴിയുമ്പോൾ ഇരിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ അസ്വസ്ഥത വരും മനസ്സിലായാൽ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലളിതമാക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ളിതമല്ലെങ്കിൽ കാരണം എനിക്ക് മനസ്സിലായെന്നാണ് ആദ്യം ഞാൻ പറയുക എനിക്ക് മനസ്സിലായതും കാരണം പ്രപഞ്ചത്തിൽ രണ്ടുതരം അറിവുണ്ട് അറിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഗുരുദേവൻ പറയാൻ പോകുന്നത് ശ്രുതിയുക്തി അനുഭവങ്ങളിലൂടെയാണ് അതാണ് ഭാരതീയ പൈതൃകം അതിലുപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ശ്രുതി വച്ച് നാല് മഹാവാക്യങ്ങളാണ് ആദ്യത്തത്യമായക്യമാണ്വാക്യത്തിൽ എന്നത് മാത്രമാണ് തലവാസത് അറിവ് പ്രജ്ഞാനം അതിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനെ പറയുമ്പോഴോ അതെങ്ങനെയാണ് ക്രമമായി വികസിച്ച് इतर महावाक्य संयोजन भारतीय साहि भारत चिंता वैदिक साहि प्रत्येक श्रद्धापूर्व पढ़ी ए आचार्य रूपकलपन श्रद्धापूर्वी पढ़ कीस्थर आचार्य सड़च इतर उपनिषत् कृतिस्था नचार्य अब ऐकाग्रोकूल पढ़ अद्धति भारतीय साहित्यको सर ऐसा एचार्य पार्य पंदे सम्मत ഭീകൃതി നിങ്ങൾ ശ്രദ്ധാമൂഹം പഠിക്കുമെങ്കിൽ അറിവിന്റെ ഒട്ടേറെ ഒട്ടേറെ പഠനങ്ങൾ തുറന്നു ഇവിടെ നാരായണ ഗുരുദേവൻ ഋഗ്വേദാന്തർഗതമായ ഐതനേയത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തെ അവലംബിച്ച് അറിവിനെ അവഗ്രഹിക്കാൻ തുടങ്ങുക പതിനഞ്ച് ശ്ലോകങ്ങളാണ് പതിനഞ്ചിന്റെയും സാരാംശം അല്പം കേട്ട് ആരെങ്കിലും എഴുന്നേറ്റ് പോയെങ്കിൽ പോലും കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത് അതിന്റെ പോക്ക് പോകുന്നത് ആദ്യം അറിവ് ഏകവും അദ്വയവുമായ അറിവ് അത് അറിയുന്ന വേണ്ടെന്ന ധ്രുവമായി പരിണമിക്കുന്നത് അജ്ഞാനത്തിലാണ് അപ്പോഴുണ്ടാകുന്ന അഹം തത്വം അല്ലെങ്കിൽ അഹങ്കാരം ഇപ്പോൾ അറിവ് അറിയുന്നവൻ എന്ന് രണ്ട് ധ്രുവങ്ങളായി മനസ്സിലായി ഉറങ്ങാറുണ്ടോ ഇല്ല കാരണം ഇപ്പോൾ ആളുകൾ ഉറക്കം വരാത്ത രാത്രികളാണ് അത്രയേറെ വിഷയലോകങ്ങൾ വിപുലമാണ് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ജാഗ്രത്വ പൂർണ്ണമായി വിടുകയും വിശേഷം അപാപമായി തീരുകയും പൂർണ്ണമായ നിദ്ര വന്ന് കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരിടവേളയും നിദ്രാദവും ഇതാണ് ഭാരതീയ രീതിയിലെ അനുഷ്ഠാനം ബാക്കിയുള്ളവക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് അത് ഒരുപാട് അനുഷ്ഠാനങ്ങൾ ചെയ്യാം സന്ധ്യാവന്തനാദികളും എല്ലാം ചെയ്യാം അതൊക്കെ ഇതിലേക്ക് എത്തിയെങ്കിൽ പ്രയോജനമായിസിൻ രാമന് പറഞ്ഞുകൊടുക്കുന്നു കേട്ടിട്ടുണ്ടാവോ ഇല്ല യോഗവാസി നിദ്രയുടെ ആദി ജാഗരശാന്ത ജാഗ്രത്തിന്റെ അന്ത്യത്തെ രണ്ടും തിരിച്ചറിയുമോ ഇല്ല വണ്ടി ഓടിക്കുന്നവരോട് ചോദിച്ചാൽ പറയും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ ഉറക്കം അവരെയും പിന്നെ കഷ്ടിച്ച് കാലിന്റെ അവലംബം ഒരു സാമാന്യത്തിൽ അവർ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതുപോലെ തന്നെയാണ് ഉറങ്ങിക്കിടങ്ങുന്ന ഒരു തന്നെ വിളിച്ചമത്തിയാൽ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ സാമാന്യം മാത്രമേ കാണുള്ളൂ വിശേഷമൊന്നും കാണില്ല കുറെ കഴിഞ്ഞാണ് അവന് വിശേഷം വരുന്നത് അപ്പൊ ആദ്യം അവൻ ഉറക്കത്തില് അറിവ് മാത്രമായി അറിയില്ലാതെ കിടക്കുമ്പോൾ മനസ്സിലായില്ല ആ ഏകവും അദ്വയവുമായ അറിവ് അറിയുന്നവനായി മെല്ലെ ഉണർന്നു വരുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പൊ ഏതാണ്ട് ദുഃഖ പോകേ എവിടെയാ കിടക്കുന്നതെന്നറിയില്ല അടുക്ക് വിളിച്ചതാരാണെന്നറിയില്ല എന്നാൽ ഏതാണ്ടറിയാം എന്ന് പറഞ്ഞാൽ അവന് അവനെ അറിയാം ചുറ്റും അറിയാറായില്ല അപ്പോ ആദ്യം വേദനിച്ചറിയാത്ത അറിവ് മാത്രമായി വിലയിച്ചു കിടന്നിരുന്നത് അറിയുന്നവനായിത്തീർന്ന് അറിയുന്നവന്റെ ബുദ്ധി ഉണരുമ്പോൾ വിളിച്ചത് അമ്മയാണ് വിളിച്ചത് സഹോദരിയാണ് വിളിച്ചത് അപ്പൂപ്പനാണ് വിളിച്ചത് ഇന്നടത്താണ് ഇത്ര മണിക്കാണ് വിളിച്ചത് ഇപ്പോൾ കിടക്കുന്നത് ചിന്മയാ മിഷന്റെ മുറിക്കുള്ളിലാണ് ഇങ്ങനെ ഉണർന്നു വരുന്ന വിഷയങ്ങൾ ഇങ്ങനെ പെരുകിവരുന്നത് ബുദ്ധിയിലാണ് അപ്പോൾ അറിവ് അറിയുന്നവൻ അറിയുന്ന വിഷയങ്ങൾ അതിനുശേഷം ഉണ്ടാക്കുന്ന ബുദ്ധി ആ ബുദ്ധി തമസിനോട് ചേരുമ്പോൾ താമസ ഗുണത്തോട് ചേരുമ്പോൾ അറിവ് എന്നതിനെ മറയ്ക്കും അറിയുന്നവൻ്റെ നിഴലിൽ അറിയപ്പെടുന്ന വസ്തുവിനെ അവന്റെ രജസ് കാണിക്കും അവന്റെ സത്വം അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവിനെയും ഒന്നിച്ചാക്കും അറിവിൽ നിന്ന് അറിയപ്പെടുന്നതിലേക്കുള്ള ഈ സഞ്ചാര പദത്തിൽ ഈ സൃഷ്ടിച്ച് അബദ സഞ്ചാരിയാക്കി മൃത്യുലേക്ക് കൊണ്ടുപോകുന്ന സദസിലമായ മായയെ മുറിക്കുമ്പോൾ അറിവായിത്തിരുന്നു എന്ന് സുതിയുക്തികളിലൂടെ അനുഭവിച്ച് അത് മാത്രമാണ് അറിവെന്നറിഞ്ഞ ആനുഭൗതികമായ പാരമ്പര്യത്തിൻ്റെ ലോകങ്ങൾ അതിനെ അറിവ് മുതൽ ായ്മ അറിയപ്പെടുന്നത് വരെ കൊണ്ടുപോകുന്ന ലോകം ഇതായി പതിനഞ്ച് ശ്ലോകങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ മുതൽ തത്വമസിവരെ അഥവാ അയമാത്മ ബ്രഹ്മ വരെ മഹാവാക്യ നിരൂപണവും വിസ്തൃത വികാസവും അതിലെ അധ്യാസാപവാദാദി ദർശനങ്ങളും നിങ്ങൾ ദർശനമാലയിൽ പഠിക്കണം ഗുരുദേവന്റെ മറ്റൊരു വേദം ബ്രാഹ്മണർക്കല്ലാത്തവർക്ക് നിഷിദ്ധമാണെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട ആ വേദത്തിൻ്റെ അറിവ് സർവകാല ബ്രാഹ്മണനായ ഞാനിതാ തരുന്നു നിങ്ങൾ ഇത് പഠിച്ചു നമ്മാവ് വഴക്കുണ്ടാക്കാതെ എന്ന് വഴക്കാളികളായ അക്കാലത്തെ ഈഴവനോട് പറഞ്ഞൊരു നാരായണൻ ഈഴവനല്ല പക്ഷെ അത് മാത്രം അന്നത്തെ ബ്രാഹ്മണനും അന്നത്തെ ഈഴവനും അന്നത്തെ നായർക്കും മനസ്സിലായില്ലെങ്കിൽ അത് നാരായണന്റെ കുറ്റമല്ല മനസ്സിലായില്ല അതൊക്കെ മനസ്സിലാകണമെങ്കിൽ നാരായണത്വം വരും ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയില്ല പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖവുമില്ല എന്റെ വാക്കുകളിൽ എന്റെ ആക്ഷേപങ്ങളാണ് എൻ്റെ അറിവ് മറ്റെന്തിനേയും കാണാം അതാണ് നിങ്ങൾക്ക് സഹിക്കാത്തത് അതില്ലെങ്കിൽ ക്ലാസ് നിനക്ക് ഇഷ്ടപ്പെട്ടാലും അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ആ ആക്ഷേപത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക ാരായണ ഗുരു പറയുന്നത് അറിയപ്പെടും ഇത് ഇത് എന്നറിയപ്പെടുന്നതെല്ലാം ഇതം വൃത്തിയായി അറിയപ്പെടുന്നതെല്ലാം അറിയപ്പെടും ഇത് ഉപനിഷത്തെടുത്താല് ഇതിനെക്കുറിച്ച് പറയുന്നു ഇതാകാരമായ ും കൃനം ഈ ധനമൊക്കെ ആരുടെയാണ് ഒരുപാട് കാലമായി എന്റെയാണെന്ന് പറഞ്ഞ് ഞാൻ വച്ചിരിക്കുകയാണ് എൻ്റെ വീട് എൻ്റെയാണ് എന്റെയാണെന്നുള്ള മട്ടിലെ പെരുമാറുന്നത് സ്വാതന്ത്ര്യത്തോടും സുഖത്തോടും കൂടി അതിൽ പല്ലിയും പഴുതാരിയും ജീവിക്കുന്നുണ്ട് എനിക്ക് ജീവിക്കാനാവുന്നില്ല എന്തിനാണ് എൻ്റെ എന്റെ എന്ന മമതപൂണ്ട വസ്തുവിൽ ഞാൻ അറിയാതെ ജീവിക്കുന്ന പെരിച്ചാഴിയും പെരേലിയും പല്ലിയും പഴുതാരയും ഒക്കെ എന്നെക്കാൾ അതിൻ്റെ ഉള്ളിൽ സുഖമനുഭവിക്കുന്നുണ്ട് അതിനുള്ളിൽ അവ സമ്പാദിക്കുന്നുണ്ട് അവ അതിനുള്ളിൽ ഇണചേരുന്നുണ്ട് കുടുംബം പുലർത്തുന്നുണ്ട് കൊടുക്കവാങ്ങലുകൾ നടത്തുന്നുണ്ട് ഇതൊക്കെ അത് എന്നെക്കാൾ സുഖമായി നടത്തുന്നുണ്ട് അവ മരുന്ന് മേടിക്കാൻ പോകുന്നതും അവ പ്രഷർ കൂടിയിട്ട് തളർന്നു വീഴുന്നതും അവ കുശുമ്പും കുഞ്ഞാലുമയും കൊണ്ടോടി നടക്കുന്നതും ഒന്നും കാണുന്നില്ല അറിവുള്ള ഞാനിതെല്ലാമായി ഇതിൻ്റെ ഉള്ളിൽ ഉഴങ്ങിയോടി നടക്കുമ്പോൾ മനുഷ്യനാണ് ഈ സൃഷ്ടിയുടെ ഔന്നത്യത്തിലെന്ന് നോക്കി പറയാനാവില്ല സമ്മത ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഡോക്ടറാണ് ഞാൻ സന്യാസിയാണ് ഞാൻ ഗൃഹസ്ഥനാണ് ഞാൻ ബ്രഹ്മചാരിയാണ് ഞാൻ വാനപ്രസ്ഥനാണ് ഞാൻ എല്ലാമാണ് പക്ഷേ ഈ മേഖലയിലെല്ലാം ഞാൻ അനുഭവിക്കുന്ന ഈ വേവധുവും വേദനയും ഒന്നും അവയനുഭവിക്കുന്നില്ല അപ്പൊ ഈ ധനമാരുടെയാണ് മണിയോർക്കുണ്ട് അനുഭവിക്കുന്നവെൻ്റെതാണെന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെയാണെന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമാണ് അതുകൊണ്ടൊരു സാർവലൗകിക തലത്തിൽ അറിവിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു ഈശാവാസ്യതം സർവം ഇതം സർവം ഈശാവാസ്യം അത് ഗുരുദേവൻ തർജ്ജേറ്റുണ്ട് അതിൻ്റെ ഒരു മാറ്റൊടി നിൽക്കേക്കാം അറിയപ്പെടും ഇത് ഇത് എന്നറിയപ്പെടുന്നത് ഇതം വൃത്തി വിശിഷ്ടമായ ഈ ജഗത്ത് ഇത് ഇത് എന്നറിയപ്പെടുന്നതൊക്കെ ജഗത്താണ് ആദ്യം എന്റെ അന്ധക്കരണം ചോദിക്കും ഇതന്ത് വൃത്തിയിൽ ആദ്യത്തെ ചോദ്യം വീണ് കഴിഞ്ഞ ഇത് കല്ല് ഇത് മരം ഇത് ഭാര്യ മകൾ എന്നൊക്കെ ഇതം കാരണമായ ഒരു വിഷയാകാര ുദ്ധിയുണ്ടാകും പുറത്തല്ല അകത്ത് അത് ഗുണങ്ങളുമായി ചേർന്ന് താതാത്മ്യത്തിലെത്തിയാൽ അഹം വൃത്തിയിലേക്ക് പരിണമിക്കും ഇതം മുതൽ അഹം വരെ നമ്മൾ വസ്തുക്കളെ കാണുന്നതിനെ കുറിച്ചുള്ള ഭാരതീയന്റെ കാഴ്ചപ്പാട് ഇതം മുതൽ അഹം വരെയാണ് ഇതെന്താണ് എന്ന് അറിവ് ചോദിക്കുമ്പോൾ ഇത് മൈക്കാണ് എന്ന വിഷയാകാരമുണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിയുടെ തമസ്സുമുതൽ സത്വം വരെയുള്ള ലോകങ്ങളിൽ അനന്ത സൃഷ്ടികൾ നടത്തും ഇങ്ങനെ ഇതെന്റെ അച്ഛൻ വാങ്ങി മിഷന് കൊടുത്തതാണ് ഇത് ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ വാങ്ങിയതാണ് അപ്പൊ ഇതെടുത്തു വെക്കുമ്പോ എനിക്കൊരു വല്ല ധ്യാനം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പ്രസിഡന്റ് ആണെങ്കിൽ മറ്റൊരുത്തൽ ഇത് എടുക്കുമ്പോൾ സൂക്ഷിച്ചല്ല എടുക്കുന്നതെങ്കിൽ ഇത് ഞാനായി പരിണമിച്ചതുകൊണ്ട് മിഷ്യതായി സമർപ്പിച്ചു എങ്കിലും ഈ അഹം പോയിട്ടില്ലാത്തതുകൊണ്ട് അത് എടുക്കുന്നവരോട് ചൂടാവും പതുക്കെ വയ്ക്കണം എന്നെ ഏതോ കാരണത്തിന് മിഷ്യൻ വിട്ടിട്ട് വേർതിത്തനാണ് എടുക്കുന്നതെങ്കിൽ ഇതത്തിൽ അഹത്തിലേക്കുള്ള പരിണാമം വേറെ അത് കാണുമ്പോഴൊക്കെ ദുഃഖം ശരിയല്ല കരി വയ്ക്കണം ഇതിന് കരി വന്നിട്ട് ഇങ്ങനെ പറയും സമി അതെന്റെ കാലത്ത് വാങ്ങിച്ച അന്ന് വളരെ കഷ്ടപ്പെടും ഇന്നൊന്നിനു വളരില്ല സമയം ഇതിനൊക്കെ പറയും മനസ്സിലായി ഇതിന് കുറെ ചരിത്രങ്ങളുണ്ട് ഇതാണ് ആയത് നമ്മുടെ ഈ കൂട്ടായ്മകളിലൂടെ നേടുന്ന അറിവാകെ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ തുച്ഛമാണ് ഇതം മുതലാണ് വരെ